ഗുരുവ സിംഗ് ബ്രഹ്മണ്ഡവും കുറച്ച് ക്ഷണം തസ്യാഖ്യാനോവിഷ്യതിർക്കയക്കാതീതം തദപ്യോകാര േ്രഹ്മാഷരസ്ഥാനൂഗരീപ്രജ്ഞസോനവിംശതിമുഖു വൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസോനവിശതി മുഖ പ്രവീത്തൈജസോ യോ നാമം കാമയത്തിന ക സുപ്രദസ്തീഭൂത <Sessimitation> പ്രജ്ഞാനമയൂ്യാനന്ദഭുദ്ധേമുഖപ്രാജതൃതീയപ <Sessimitation> േശ്വരേഷം നേദ പ്രജ്ഞം ന പ്രം ന അന്തൃശ്യം അമ്പി വഹാരമ്രാഖ്യ അലക്ഷണമിന്തിസാരം പ്രപഞ്ചോ വിഷമം ശാന്തം ശിവം അദ്വൈതം ചതുർ മഞ്ഞ സാത്മാേയ ജഗരസ്ഥാനോ വൈശ്വാണോ അപാര പ്രഥമ മാത്ര അജിമത് വനോലിഹ വൈ സർവാൻ കാശ്ചോദനസ്ഥനത്രയ സാരോ ദ്യാത്ര ഉത്കർഷാ ഉഭയവാദ് ഉത്തർഷരിഹ വൈ ജ്ഞാനസന്ധി സമാനസഭൂതീ നമ്മവിദീയ ഏവേദ സക്തസ്ഥാനോമകാരൃതീയമാത്രമേശോ മാത്രസോ പ്രപഞ്ചോ വശനശോ അദ്വൈത ആപേവ സമ്മിശത്തി ആത്മന ആത്മാന വൊ ച്കോ ച൉തില ഇത glorious ല്റғറക്തിലൄ നോഴ ണവതിതി്കടരാൂocracy。ക്ഴതിൄ ശവൎ തലൻ സചൻൃ നവ്തി്സചൻഞ ചച൵ക റ൘ വം നവതിെത과� tah sincer്വ‌‍വ വത്� ിൽ പറഞ്ഞു ശമപ്രാപ്തം എന്ന ചാനയിൽ മനസ്സ് ശമത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചലിപ്പിക്കരുത് ഇവിടെ സമാധി പരിശീലനത്തെ കുറിച്ചാണ് പറയുന്നത് ആത്മധ്യാനത്തിലൂടെയുള്ള സമാധി പരിശീലനം സമാധി പരിശീലനത്തിനും യോഗശാസ്ത്രത്തിനും മറ്റും നിരവധി ഉപായങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതൊന്നുമല്ല ത്വരീയ ധ്യാനത്തിലൂടെ ആത്മധ്യാനം എന്ന് പറയുമ്പോൾ ത്വരീയധ്യാനത്തിനുണ്ട് അതിനുവേണ്ടിയിട്ടാണ് തിരിയനെ ഇതുവരെ വിശദീകരിച്ചത്യന്റെ സ്വരൂപം എന്താണെന്ന് ആദ്യം പറഞ്ഞു സ്വപ്ന സുഷുതികളും അനുസീതമായിരിക്കുന്ന ചൈതന്യം അതാണ് തിരിയൻ ജാഗ്രത സ്വപ്നത്തിന് സുശുദ്ധിക്കും ആധാരമായിരിക്കുന്ന ചൈതന്യം ചൈതന്യമെന്നോ ബോധമെന്നോ അതിന് തന്നെ ആത്മാവ് എന്നും പറയും ആ തുരിയന്റെ സ്പന്ദനമാണ് ചിത്തം എന്നും പറയും ആ ചിത്തത്തിന്റെ ഒരവസ്ഥയാണ് ജീവത്വം ജീവഭാവം തുരിയന്റെ സ്പന്ദനമാണ് ഉദാഹരണം പറഞ്ഞു എന്താണ് തുരിയൻ അങ്ങനെ ഒരു സമുദ്രത്തോട് ഉപയോഗിക്കാം സമുദ്രം സംദ്രം എന്നെല്ലാം പറയുന്നു അതിലെ തരംഗങ്ങളെ പോലെയാണ് ചിത്തം അല്ലെങ്കിൽ തുര്യന്റെ സ്ഥനങ്ങൾ അവിടെ ധ്യാനിക്കാൻ പറയുമ്പോ ആരാരെ ധ്യാനിക്കുന്നു കാരണം ഇവിടെ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നും തുര്യനിന്റെ തന്നെ വൃത്തികളാണ് അന്ധകർണം മനസ് എന്ന് പറയുന്നത് ഇവിടെ ഈ മനസ്സ് അന്ധകരണം ിൽ കാണപ്പെടുന്നതിന് തരണം പറയുന്നത് മായ മായ കൊണ്ടങ്ങനെ കാണപ്പെടുന്നു തിരിയനെ കുറിച്ച് പറയുന്നത് തരംഗ സമുദ്രം തരംഗങ്ങളില്ലാത്ത സമുദ്രം പക്ഷെ ആ തരംഗങ്ങളില്ലാത്ത സമുദ്രത്തിൽ തരംഗങ്ങൾ കാണപ്പെടുന്നു എന്തുകൊണ്ടങ്ങനെ കാണപ്പെടുന്നു അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ അതിന് പറയുന്നു മായ കൊണ്ട് സംഭവിക്കാം എ എന്ന് പറയുമ്പോൾ ആ കാരണത്തെ നിർവചിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ലാത്തതാണ് അത് അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ നിരാകരിക്കാൻ വയ്യ എന്താണെന്ന് അത് പിടികിട്ടാത്ത കൊണ്ട് അതിനെ നിർവചിക്കാനും വയ്യ അങ്ങനെയുള്ള ഒരു ശക്തി അതുകൊണ്ട് നിസ്തരംഗ സമുദ്രമായിരിക്കുന്ന ഈ തുര്യനിൽ ചിത്ത തരംഗങ്ങളുണ്ടാകുന്നു തുര്യൻ നിർവികാരനായിരിക്കുന്നു നിശ്ചലനായിരിക്കുന്നു ഇവിടെ പറയുന്നത് നിശ്ചലം നിശ്ചലം അങ്ങനെയിരിക്കുന്നു തുരിയൻ അപ്പൊ തുര്യന് ധ്യാതാവ് ധ്യാനം വിഷയം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും വരത്തില്ല അതിൻ്റെ അപ്പോൾ സാധ്യമല്ല അപ്പൊ ഈ എവിടെ സംഭവിക്കുന്നു ആരാണ് ധ്യാനിക്കുന്നത് എന്ന് പറയുന്നു അത് തുരിയന്റെ സ്പന്ദന രൂപത്തിലുള്ള ചിത്തം തന്നെ ധ്യാനിക്കുന്നത് ചിത്തമാണ് ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ തുരിയ സ്പന്ദനമാണ് ധ്യാനിക്കുന്നത് അത് ഏതുപോലെ ഉദാഹരണം പറഞ്ഞു സമുദ്രത്തിൽ അലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ആ അലകൾ സമുദ്രത്തിലൂടെ ഏകീഭവിക്കുന്നത് പോലെ ഇവിടെ പറയും നാൽപ്പത്തഞ്ചാമത്തെ കാര്യം ഏകീകുര്യാ പ്രയത്നത്തിലൂടെ ഏകീകരിക്കണം അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏകീകരണമാണ് ആ സമുദ്രത്തിൽ സമുദ്രത്തിൽ നിന്നും ഉയരുന്ന ഈ ചിത്തതരംഗങ്ങൾ അതിലേക്ക് തന്നെ വിനയം പ്രാപിക്കുക അതിലേക്ക് വിനയം പ്രാപിക്കുന്നതിന് നമ്മൾ മനസ്സിന്റെ അന്തർമ എന്ന് പറയും ചിത്രത്തിന്റെ അന്തർമ ആ സമുദ്രത്തിൽ നിന്നും ഈ തരംഗങ്ങൾ ഉയർന്നു വരുന്നത് ബഹർമ അത് രണ്ട് രൂപത്തിൽ സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ട് സമുദ്രത്തിൽ രംഗങ്ങളുണ്ടും അലകളുമാണ് അതിലാ തരംഗങ്ങളുടെ സ്ഥാനമാണ് മനസ്സിന് ചിത്രത്തിന് അതിന് വലിയ അലകളുടെ സ്ഥാനമാണ് ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം സമുദ്രത്തിന്റെ തന്നെ ഭാഗം തന്നെ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഭാഗം ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ മായ വായുവാണ് മായയാകുന്ന വായു വീശുന്നത് കൊണ്ട് സമുദ്രത്തിൽ വലിയ അലകളുണ്ടാവും അലകൾ തുടങ്ങുന്നവിടെ നിന്ന് ചെറിയ തരംഗങ്ങളൊന്നും ചെറിയ തരംഗങ്ങൾ വലിയ അലകളായി മാറും തരംഗങ്ങളെ നിരോധിച്ചാൽ അലകളെയും നിരോധിക്കും തരംഗമില്ലെങ്കിൽ പിന്നെ സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാവത്തില്ല തുടക്കം അങ്ങനെയാണ് ആ തരംഗങ്ങൾ കൂടിച്ചേർന്ന് വലുതായി വലിയ തിരമാലകളായി മാറും അതുപോലെ ഈ സ്പന്ദനം ചുരിയന്റെ സൂക്ഷ്മമായ ചിത്തസ്പന്ദനങ്ങൾ തന്നെ രൂപാന്തരം പ്രാപിച്ച് സ്ഥൂലമായ ബാഹ്യമായ അദൃശ്യപ്രപഞ്ചമായി മാറുന്നു സമാധിയിൽ എന്ത് സംഭവിക്കുന്നു ഈ സൂക്ഷ്മമായ തരംഗങ്ങൾ തുരിയനോട് ഏകീകരിക്കുന്നു തരംഗങ്ങൾ തരംഗങ്ങളായി നിൽക്കുന്നില്ല ജലമായി അവശേഷിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഈ തിരമാലകളും ഇല്ലാതാകുന്നു അതിനെ തുടർന്ന് വരുന്ന തിരമാലകളും പ്രത്യക്ഷമാണ് അങ്ങനെ സമ സമാധിയിലും പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല അതുകൂടെ പറയുന്നു പറയുന്നതിന്റെ ആശയത്തെ പറയുകയാണ് സമാധിയിൽ എന്തുകൊണ്ട് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല കാരണമിതാണ് കാരണം പ്രപഞ്ചവും ചിത്തവും തുരിയന്റെ തന്നെ സ്പന്ദനങ്ങളാണ് പ്രപഞ്ച സ്ഥൂലം ചിത്തസൂക്ഷ്മം സ്ഥൂലമായ ഈ സ്പന്ദനത്തെ നേരിട്ട് നിരോധിക്കാൻ കഴിയത്തില്ല മറിച്ച് സൂക്ഷ്മമായ സ്പന്ദനങ്ങളെ നിരോധിക്കാൻ കഴിയും ഇവിടെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ ആ സമുദ്രത്തിനോട് എഴുതി ഭവിക്കുകയാണ് തരംഗങ്ങൾ ജലം മാത്രമായി നിൽക്കുക അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം നമ്മൾ തരംഗരഹിതമായ സമുദ്രത്തെ നമ്മൾ കണ്ടിട്ടില്ല നിശ്ചലമായ സമുദ്രം നമ്മൾ കണ്ടിട്ടില്ല സമുദ്രത്തിൽ വായു വീശാതിരുന്നാല് സമുദ്രത്തിൽ ചെറിയ തരംഗങ്ങളുണ്ടായി അനിശ്ചലമായിരിക്കില്ല ചലിച്ചുകൊണ്ടേയിരിക്കും ആ ചലനം കൂടി ഇല്ലാതായിത്തീരുന്നു അങ്ങനെ വരുമ്പോ അവിടെ ചിത്തം പ്രവർത്തിക്കുന്നു അങ്ങനെ ചിത്രത്തിന്റെ നിരോധാവസ്ഥ യോഗശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നിരോധ പരിണാമം എന്ന് പറയുന്നു ഇവിടെ തരംഗരഹിതമായി തന്നെ തീർന്നു ചിത്തം തുരിയനായി തന്നെ നിർന്നു ചിത്രത്തിന്റെ അമിനീഭാവം എന്നും പറയുന്നു ദ്വീതം അവിടെ ചിത്തന്മേര് തുരിയന്മേര് അങ്ങനെ നിൽക്കുന്നുണ്ട് ആ അവസ്ഥയിൽ പിന്നീട് സ്ഥൂലമായ അലകളൊന്നും അവിടെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ പ്രപഞ്ചഭാനങ്ങൾ കേവലം തുരിയനായി തന്നെ നിൽക്കുന്നു അതാണ് ഇവിടെ പറയുന്ന സമാധി അതിനുവേണ്ടി ആ ചിത്തതരംഗങ്ങൾ സമുദ്ര അഭിമുഖമായിത്തീരുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് തരംഗങ്ങളുണ്ടാകുമ്പോൾ സമുദ്രത്തിൽ നിന്ന് അത് ഉയർന്ന് ബഹിർമുഖമായിത്തീരും പുറമേക്ക് പോകും സമുദ്രത്തിനോടുള്ള ബന്ധം വിടാതെ തന്നെ സമുദ്രത്തിൽ നിന്നൊരു തരംഗമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരയുണ്ടാകുമ്പോൾ ഒരിക്കലും അതിന് സമുദ്രത്തിനോടുള്ള ബന്ധം വിടാൻ പക്ഷെ അത് സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്നത് ഉയർന്നു പൊങ്ങി വേർ രൂപത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു അലയുടെയോ ദുരയുടെയോ പതയുടെയോ ഒക്കെ രൂപങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഈ തുരിയന്റെ സംസാരം അല്ലെങ്കിൽ തിരിയന്റെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നു ഇതിന്റെ ബഹിർമുഖത എന്ന് പറയുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഹിർമുഖമായി സഞ്ചരിക്കുന്നു സമുദ്രത്തെ വിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു മായാവായുവിന്റെ പ്രേരണമുണ്ട് തിരിച്ച് അത് സമുദ്രാഭിമുഖമായിത്തീരുന്നു ഈ ചിത്തതരംഗങ്ങൾ ആത്മാഭിമുഖമാകുന്നു അതിനാണ് അന്തർമുഖത അകമുഖത എന്ന് പറയുന്നത് ഈ പ്രവർത്തനത്തെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഈ ചിത്രം തന്നെ ആത്മാഭിമുഖമായി തീർന്നു അപ്പോൾ ആ തരംഗങ്ങൾ തന്നെ സമുദ്രത്തിലേക്ക് അമരുക അതാണ് ഇവിടെ ഏകീഭവനമെന്ന് പറയുന്നത് ഇവിടെ ആത്മധ്യാനത്തിൽ എല്ലാ ആചാര്യന്മാരും നിർദ്ദേശിക്കുന്ന എന്താണോ അന്തർമുഖമായി തന്നിലേക്ക് തന്നെ നോക്കുക തന്നെ തന്നെ കാണാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് കാണാൻ ശ്രമിക്കുന്നത് തന്റെ തന്നെ മനസ്സുകൊണ്ട് തന്റെ തന്നെ മനസ്സുകൊണ്ട് താൻ തന്നെ തന്റെ വാസ്തവ സ്വരൂപത്തെ കാണാൻ ശ്രമിക്കുന്നു തന്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് തരംഗരഹിതനായിരിക്കുന്ന തുരി നിത്തരംഗ സമുദ്രം എന്ന് പറയുന്നു ആ തുരിയാണ് തന്റെ വാസ്തവ സ്വരൂപം മനസ്സ് ആ വാസ്തവ സ്വരൂപത്തെ എങ്ങനെ കാണാൻ ശ്രമിക്കുന്നു സച്ചിദാനന്ദ സ്വരൂപമായിട്ട് സത്തും ചിത്തും ആനന്ദവുമായി അല്ല സത്യചിത്ത് ആനന്ദ സ്വരൂപമായി തന്നെ വേണമെന്നില്ല സദാത്മകമായി കാണാം ചിസ്വരൂപത്തിൽ കാണാം അല്ലെങ്കിൽ ആനന്ദ സ്വരൂപത്തിലും കാണാം വെവ്വേറെ കാണാം അത് ഭാവനയിലൂടെ അത് ശബ്ദാത്മകമായ ഭാവനയിലൂടെ ആണ് ഒരാൾ ധ്യാനിക്കുന്നത് ഒരാൾ ശബ്ദത്തെ വിട്ടിട്ട് ധ്യാനിക്കാനൊക്കത്തില്ല ഒരുപക്ഷെ നമ്മൾ കരുതിയിക്കുക എന്താണോ ധ്യാനിക്കുമ്പോൾ ശബ്ദമുണ്ടെന്ന് ശബ്ദത്തെ വിട്ട ധ്യാനമില്ല അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ ചിത്തം അന്തർമുഖമായി തന്റെ വാസ്തവ സ്വരൂപത്തോട് ഏകീഭവിക്കുന്നതുകൊണ്ട് അവർ ശ്രീ ശബ്ദാനുവിദ്ധ സമാധി എന്നാണ് അദ്വൈതികൾ പറയുന്നത് ശബ്ദത്തെ പിന്തുടരുന്നു വരുന്ന സമാധി കാരണം ഭാവന ഒന്നിൽ സദാത്മകമായിട്ട് സൺ സത് സ്വരൂപനാണ് എന്നുവെച്ചാൽ ബാഹ്യമായി കാണുന്നതെല്ലാം ചിത്തം ഉൾപ്പെടെ ഉള്ളതെല്ലാം നശിക്കുന്നതാണ് നശിക്കാത്തതിനാണ് സത് എന്ന് പറയുന്നത് അപ്പൊ വാസ്തവ സ്വരൂപം സത്താണ് അങ്ങനെ സത് സ്വരൂപത്തിൽ തന്നെ കുറിച്ച് തന്നെ ഭാവനയായിരുന്നു ചിത്തം തന്നെ ആ ഭാവനയുടെ വിഷയവും ചിത്തം തന്നെ വാസ്തവമായ ഒരു ബോധന ഭാവനയായിരുന്നു ബാഹ്യമായി കാണുന്നതെല്ലാം നശ്വരമായ ജഡവവസ്തുക്കളാണ് അതിന് വിപരീതമാണ് തന്റെ സ്വരൂപം അതുകൊണ്ടവിടെ തന്നെ ചിസ്വരൂപത്തിൽ ഭാവന ചെയ്യുന്നു താൻ ചിത്താണ് ജഡമല്ല ചിസ്വരൂപത്തിൽ ഭാവന ചെയ്യുന്നു അവിടെ ഈ എന്ത് ചെയ്യുന്നു ഈ ചിത്തം തന്റെ ജഡമായ പരിണാമങ്ങളെല്ലാം വെടിഞ്ഞ് ചിത്തത്തിന്റെ ജഡമായ പരിണാമമാണ് ഈ പ്രമചിത്ത ജഡപപരിണാമമാണ് അതിനെല്ലാം വിടിഞ്ഞിട്ട് തന്റെ സ്വരൂപത്തിനോട് അഭിമുഖമായി ഏകീഭവിക്കുന്നു അല്ലെങ്കിൽ ആനന്ദമായിട്ട് ഭാവനയും താൻ ആനന്ദ സ്വരൂപനാണ് ഇവിടെ ഭാഗ്യമായി കാണുന്ന അനർദ ജഡ ദുഃഖരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് തന്റെ യഥാർത്ഥ സ്വരൂപവും ആനന്ദമാണ് എന്ന് ചിത്രം തന്റെ ഭാവനയി ഇവിടെയെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത് ശബ്ദത്തെ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള ശബ്ദത്തെ ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെ ചിത്രത്തിന്റെ വാസ്തവ സ്വരൂപത്തിലേക്ക് ചിത്തം സ്വയം അഭിമുഖമാകുന്നു അഭിമുഖമാകുന്നതിലൂടെ അത് ഏകീകരിക്കുന്നു എങ്ങനെയാണോ ഒരു തരംഗം സമുദ്രത്തിൽ നിന്ന് അത് ബെഹ്ർമുഖമാകുന്നു ബാഹ്യമായി തീരുന്നു തിരിച്ചത് സമുദ്രത്തിലേക്ക് പതിക്കുമ്പോഴോ സമുദ്രത്തിനോട് അഭിമുഖമാകുന്നു പറയാം കാരണം അതതിന്റെ ആ വടിവെന്നെ വിടുന്നു ചിത്തത്തിന്റെ ഏത് രൂപത്തെയാണ് അത് ഉപേക്ഷിക്കുന്നത് സത്തിന് വിപരീതമായ അസത്ത് ചിത്തിന് വിപരീതമായ ജഡം ആനന്ദത്തിന് വിപരീതമായ ദുഃഖം ഇതാണ് ഈ ജീവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തത്തിന്റെ ഭാവങ്ങൾ ഈ ഭാവങ്ങളെയെല്ലാം ചിത്തം വിടുന്നു സമുദ്രത്തിലെ തരംഗങ്ങൾ അതിന്റെ നാമരൂപങ്ങളെ വിടുന്നു അതാണ് അതിന്റെ അഭിമുഖീകരണമെന്ന് പറയുന്നത് എന്നിട്ടതാ കേവല ജലമായി തന്നെ തീരുന്നു ജലമെന്നുള്ള രൂപത്തിൽ തന്നെ നിൽക്കുന്നു അതിന് തിരയെന്നോ തരംഗമെന്നോ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലായിത്തീരുന്നു അതുപോലെ അതിനെ നമ്മൾ പറയുന്നെന്താണ് ആ സ്ഥിര സമുദ്രത്തിലൂടെ അമർന്ന് അതിലൂടെ ഐകീഭവിച്ചു അതുപോലെ ഈ ചിത്രം സച്ചിദാനന്ദ ഭാവനയിലൂടെ അതല്ലെങ്കിൽ തിരിയലെന്നുള്ള ശബ്ദാത്മകമായ ഭാവനയിലൂടെ വാസ്തവ സ്വരൂപത്തോട് ക്രമീണ അഭിമുഖമായിത്തീരുന്നു അത് ശബ്ദമെന്നുള്ള മാധ്യമത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത് ഭാവന ശബ്ദത്തിലൂടെ സാധ്യമാകും മറ്റുധ്യാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ് വിശേഷത എന്താണ് മറ്റു ധ്യാനങ്ങളിൽ ശബ്ദവും അരൂപവുമുണ്ട് ഒരാകാരം കൂടെയുണ്ട് നമ്മൾ ദേവിയെയോ ദേവനെയോ എല്ലാം ഭാവന ചെയ്യുന്നിടത്ത് ശബ്ദം മാത്രമല്ല ശിവനെന്നോ പരാശക്തിയെന്നോ എല്ലാം പറയുന്നിടത്ത് ശബ്ദത്തോടൊപ്പം രൂപമുണ്ട് ഇവിടെ കേവല ശബ്ദ ഭാവന രൂപഭാവനയില്ല കാരണം ഇവിടെ ധ്യാനിക്കുന്ന അരൂപമായ ഒന്നിനെയാണ് അരൂപമായ ഒന്നിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭാവന തിരിയനെന്നോ ചുരീയനന്ത് ഒരുപം കൽപ്പിക്കാൻ പറ്റും ശങ്കചക്രകഥകളൊന്നും സങ്കല്പിക്കാൻ വയ്യ ഗംഗയും സർപ്പവും ജഡയും ഒന്നും അവിടെ ഇല്ല അപ്പൊ ഭാവനകളൊന്നും ഇല്ലാതെ കേവലം ശബ്ദത്തെ മാത്രം ആശ്രയിച്ചുള്ള സച്ചിദാനന്ദ ഭാവന അല്ലെങ്കിൽ തുരീയ ഭാവന അല്ലെങ്കിൽ അഹംഭാവന അഹംഭാവന എന്ന് പറഞ്ഞാലും അത് തന്നെ ഇവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നത് രൂപത്തെ ആശ്രയിക്കുന്നത് ഇതാണ് യോഗശാസ്ത്രത്തിനും നിർദ്ദേശിക്കുന്ന ധ്യാനരീതികളിൽ നിന്നും നിർദ്ദേശിക്കുന്ന ധ്യാന സമ്പ്രദായത്തിന്റെ ഇവിടെ ശബ്ദഭാവന മാത്രമേയുള്ളൂ അതുകൊണ്ട് ശബ്ദാനുവിദ്ധമായ സമാധി ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന ഭാവനയിലൂടെ ഈ മനസ്സ് ഭാവന ചെയ്യുന്ന മനസ്സ് തന്നെ അതിന്റെ അനർഥ ജഡ ദുഃഖരൂപത്തെ വിട്ടിട്ട് അത് കേവലം ചിസ്വരൂപമായി ചിന്മയമായി പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്ന അതിനെ സമാധി എന്ന് പറയുന്നത് അദ്വൈതത്തിൽ പറയുന്നത് സമാധി അതിൽ തന്നെ യോഗശാസ്ത്രത്തിൽ പറയുന്നത് പോലെ സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്നെല്ലാം അതിന്റെ അനുഭവത്തിന്റെ നിലയിൽ ഇവിടെയും വേർതിരിക്കുന്നു വേർതിരിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ആ സമാധിയുടെ അനുഭവം എന്ന് പറയുന്നത് സച്ചിദാനന്ദനുഭവമാണ് സദനുഭവമെന്നോ ചിത അനുഭവമെന്നോ ആനന്ദനുഭവമെന്നോ പറയാമെന്നുള്ളതെന്നോ വ്യക്തിത്വം നാമരൂപങ്ങളെ പടിഞ്ഞ് നാമരൂപങ്ങളെ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ ചിത്തത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം ചിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ നാമരൂപങ്ങളുണ്ട് ചിത്തത്തിന്റെ നാമം ചിത്തമെന്ന് തന്നെ പക്ഷെ അത് അനേക രൂപങ്ങളെ പ്രാപിക്കുന്നു എങ്ങനെ കാമം ക്രോധം ഈശ്യ അസൂയ ലജ്ജ ഇതൊക്കെയാണ് ഇതിന്റെ രൂപങ്ങൾ പല ഭാവങ്ങളെ അത് പ്രാപിക്കുന്നു ചിത്തം അതിന്റേതായ നാമത്തെയും രൂപങ്ങളെയും ഈ രൂപങ്ങളെല്ലാം നമുക്ക് അനുഭവമുള്ളതുമാണ് കാമെന്താണെന്ന് നമുക്കറിയാം ക്രോധം എന്താണെന്നറിയാം പല രൂപങ്ങളാണത് ചിത്തം എന്നുള്ള ഒരേ വസ്തു തന്നെ ഈ നാനാ രൂപങ്ങളെ പ്രാപിക്കുന്നു ഈ രൂപങ്ങളെയെല്ലാം അത് പിടിഞ്ഞിട്ട് അത് തന്നിടേക്ക് തന്നെ അഭിമുഖമായി തന്റെ വാസ്തവ സ്വരൂപത്തോട് ഏകീകരിക്കുന്നു ഏതുപോലെ ഒരു തരംഗം സമുദ്രമായി മാറുന്നതുപോലെ അത് അങ്ങനെ മാറാതിരുന്നപ്പോഴും ജലം തന്നെ സമുദ്രമായി മാറുമ്പോഴും അത് ജലം തന്നെ അല്ലെ ജലം എന്നുള്ള രൂപത്തിനും മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് എന്താണ് മനസ്സ് തന്നെ ബ്രഹ്മം മനസ്സ് തന്നെ ആത്മാവ് തുരിയിൽ സ്പന്ദിച്ച് മനസ്സായിരിക്കുമ്പോഴും അത് മറ്റൊന്നായി മാറുന്നില്ല പക്ഷേ മറ്റൊന്നുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ മാറാതെ തന്നെ അതിന് കാരണമായിരിക്കുന്ന എന്താണ് ഈ മായയാകുന്ന വായു ഈ നിസ്തരംഗ സമുദ്രത്തിൽ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നത് മായ വായു വീശിയിരിക്കുന്നിടത്തോളം കാലം അത് വീശിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ചിത്രത്തിന് ഏകീഭവനം സംഭവിക്കുന്നു ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു ആത്മധ്യാനത്തിന് തന്നെ ശ്രമിക്കുന്നു ഇത്തരം ഭാവനകൾ ചെയ്യുന്നു പക്ഷേ മനസ്സിൽ ആ ഭാവനയെ തുടരാൻ കഴിയുന്നില്ല മനസ്സിൽ മറ്റ് ഭാവനകൾ കടന്നുവരുന്നു ആത്മഭാവനയല്ല സത്ത് ചെത്ത് ആനന്ദമെന്നോ തുരിയെന്നോ എന്ന ശബ്ദഭാവനയ്ക്ക് പകരം ഞാനെന്നും നീയെന്നും തുടങ്ങി പ്രപഞ്ചഭാവനകൾ അതും ശബ്ദാത്മകമായി രൂപാത്മകമായി കടന്നുവരുന്നു നാമരൂപാത്മകമായ പ്രപഞ്ചഭാവനകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു ഭാവനയിൽ ആത്മഭാവനയിൽ മനസ്സുറയ്ക്കുന്നില്ല എന്തുകൊണ്ടത് സംഭവിക്കുന്നു ഈ മായാവായു ശക്തമായി വീശുന്നതുകൊണ്ട് ഇത് ശക്തമായി ഈദ്രത്തിൽ വീശിക്കൊണ്ടിരുന്നാൽ അവിടെ ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള ഭാവങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും സമുദ്രത്തിലെ തിരകളും ചുഴികളും എന്നതുപോലെ ഇവിടെയും നിരന്തരമായ പ്രപഞ്ച ഭാവനകൾ ഉള്ളിൽ കടന്നു വരും കടന്നു വരുമ്പോൾ അത് പ്രത്യക്ഷമായ അനുഭവ രൂപത്തിലും സ്മൃതിരൂപത്തിലും വരും കണ്ടതിനേയും കേട്ടതിനെയും അറിഞ്ഞതിനെയും എല്ലാം സ്മരിച്ചുകൊണ്ടിരിക്കും ധ്യാനിക്കുന്നു അല്ലെങ്കിൽ അത് അവസാനമില്ലാത്ത ഭാവനകളില്ലായിരിക്കും സങ്കല്പങ്ങളിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യക്ഷമായ ബാഹ്യമായ അനുഭവങ്ങളിലായിരിക്കും ഈ മൂന്ന് തരത്തിലും മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും ഈ മായാവായുവിന്റെ പ്രേരണമുണ്ട് അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളാണ് ഈ പ്രപഞ്ച അനുഭവം സ്മരണകളും ഭാവനകളും സങ്കല്പങ്ങളുമെല്ലാം അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളാണ് ആ മായാവായുവിന്റെ സൂക്ഷ്മമായ പ്രവർത്തനം ഈ ചിത്രത്തിൽ നടക്കുന്നതാണ് ഉള്ളിൽ പൊന്തി രാഗദ്വേഷങ്ങളും മറ്റും അതാണ് വാസ്തവത്തിൽ ചിത്രത്തെ പിരിചരിപ്പിക്കുന്നത് ഉള്ളിൽ വരുന്ന രാഗം കാമം ഇച്ഛ ഇത് ചിത്തത്തെ ബഹുർമുഖമാക്കും അത് സൂക്ഷ്മമായി ഈ മായാവായു ഉള്ളിൽ പ്രവർത്തിക്കും ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ളിൽ രാഗമുണർന്നു വരും രാഗമുണർന്നു വരുമ്പോൾ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകും ആ വിഷയങ്ങളെക്കുറിച്ച് സ്മരിക്കാൻ തോന്നും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും ഭാവന ചെയ്യാൻ തോന്നും സങ്കൽപ്പിക്കാൻ തോന്നും അതിനെല്ലാം കാരണമായിരിക്കുന്നത് ഉള്ളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ഈ രാഗവായുവാണ് അതല്ല മായയുടെ ഭാവങ്ങൾ സൂര്യ സൂക്ഷ്മവുമായിട്ടുള്ള ഭാവങ്ങൾ അപ്പം ഇതിൽ നിന്ന് മോചനം നേടാത്ത ഒരാൾക്ക് ഒരിക്കലും ധ്യാനത്തിലൂടെ മനസ്സിന് ആത്മാഭിമുഖമാക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു രൂപത്തിലോ നാമത്തിലോ കുറച്ചു സമയം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരാം പക്ഷേ മനസ്സൊരിക്കലും ആത്മാഭിമുഖമാകത്തില്ല ആത്മാഭിമുഖമായി കഴിഞ്ഞാൽ മനസ്സ് അവിടെ ശാന്തമായി ഏകീഭവിക്കും തരംഗങ്ങൾ നിശ്ചലമായി ജലം മാത്രമാകണം തരംഗമില്ലാത്ത ജലമായി മാറി തിരകളില്ലാത്ത ജലമായി മാറണം അത് സംഭവിക്കത്തില്ല അവിടെ കാറ്റ് വീശിക്കൊണ്ടിരുന്നാലങ്ങനെ സംഭവിക്കും അപ്പോ ഉള്ളിൽ ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോ രാഗരൂപത്തിലും ദേഷരൂപത്തിലും എല്ലാം ഉള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾക്ക് ആത്മധ്യാനവും സമാധിയും അസാധ്യമാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് പരാതി പറയേണ്ടി വരുന്നത് എന്താണോ ിക്കുമ്പോ മനസ്സൊന്നു കന്നില്ല മനസ്സ് ബഹുർമുഖമായി പോകുന്നു എന്ന് പറയുന്നു അവിടെ കൂടുതൽ ശ്രമം നടത്തിയാലോ ഇത് ശക്തമായിരിക്കുമ്പോ ഉള്ളിൽ രാഗദ്വേഷ വായുക്കൾ ശക്തമായിരിക്കുമ്പോ ധ്യാനിക്കാൻ ഒരാൾ ബലം പ്രയോഗിച്ച് അത് ശ്രമമായി ശ്രമം മനസ്സിനെ തളർത്തും മനസ്സ് തളർന്നാൽ അത് ലയിച്ചുപോകും അതാണ് ഇവിടെ പറഞ്ഞത് ഉറക്കം വരുമെന്നിവിടെ പറഞ്ഞത് നിദ്ര സംഭവിക്കുമെന്ന് പറഞ്ഞത് ധ്യാനത്തിൽ നിദ്ര വരുന്നെന്ന് പറയുന്നതാണ് കാരണം ധ്യാനത്തിന് തയ്യാറാകുന്ന മനസ്സ് വളരെ തരളവും സൂക്ഷ്മവുമാവും വളരെ തരളവും സൂക്ഷ്മവുമാവുമ്പോൾ ചെറിയൊരു ശ്രമം പോലും അതിന് സഹിക്കാൻ പറ്റത്തില്ല ചെറിയൊരു പ്രയത്നം പോലും അതിന് സഹിക്കാൻ കഴിയത്തില്ല അതിന് ആ സഹനശേഷി കുറഞ്ഞു വരുന്നതുകൊണ്ട് എന്തെയും അത് തളർന്നു പോകും ആ തളർച്ചയാണ് ഉറക്കമെന്ന് പറയുന്നത് സാധാരണ ധ്യാനിക്കാതിരിക്കുമ്പോഴും അങ്ങനെ പ്രശൃതിയിൽ തന്നെ പറയുന്നത് എന്താണോ ജാഗ്രതയും സ്വപ്നത്തിന്റെയും പ്രയത്നം ആ പ്രയത്നം കൊണ്ട് മനസ്സ് ക്ഷീണിക്കുന്നു ആ ക്ഷീണം മനസ്സിന് വിശ്രമം ആവശ്യമാണ് ആ വിശ്രമമാണ് ഉറക്കം അത് മനസിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിന് വരുന്ന സ്വാഭാവികമായൊരു പരിണാമമാണ് ഉറപ്പ് ഇവിടെ അതല്ല ഇവിടെ ധ്യാനത്തിന് ഒരാൾ തയ്യാറെടുക്കുമ്പോൾ മനസ്സിന് കൂടുതൽ സൂക്ഷ്മമാകേണ്ടി വരുന്നു മനസ്സ് കൂടുതൽ മൃദുവാകേണ്ടി വരുന്നു മനസ്സതിന്റെ സ്ഥൂലമായ വിഷയങ്ങളെല്ലാം പിടിയുന്നു മനസ്സതിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ കൈക്കൊള്ളുന്നു ആ സമയത്ത് അതിന് ശ്രമത്തെ താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ആണ് ധ്യാനത്തിൽ ഉറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ധ്യാനത്തിൽ ശ്രമം പാടില്ല എന്ന് പറയുന്നത് ശ്രമമാകാം നിയമനിയമാദികൾക്കും മറ്റും നമുക്ക് ശ്രമമാകാം ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ ശ്രമമാകാം പക്ഷെ ധ്യാനത്തിൽ ശ്രമം വരാൻ പാടില്ല വിശേഷിച്ചു ധ്യാനത്തിൽ ശ്രമം വന്നു കഴിഞ്ഞാൽ മനസ്സ് ക്ഷീണിച്ച് മനസ്സ് നിദ്രാവസ്ഥയെ പ്രാപിക്കും അല്ലെങ്കിൽ ഇവിടെ വേറൊരു അവസ്ഥയെക്കുറിച്ച് പറയുന്നെന്താണ് സകഷായം എന്ന് പറയുന്നത് കഷായം എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കും കഷായം എന്ന് പറയുന്ന അവസ്ഥയെന്താണോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അതാണ് അയാൾ ഉറങ്ങുന്നില്ല എന്നാൽ ഉണർന്നിരിക്കുന്നുമില്ല എന്നാൽ അയാൾക്ക് ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെ സംഭവിക്കുന്നുമില്ല അങ്ങനെ മനസ്സ് സ്തബ്ധമായിരിക്കുന്ന അവസ്ഥ അതാണ് കഷായ അതിനും എന്താ അങ്ങനെ കാരണം പറയുന്നത് ഈ മായയുടെ പ്രവർത്തനം തന്നെ മായ വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു ഇവിടെ ഭാഷകാരൻ പറഞ്ഞെന്താണോ രാഗദ്വേഷങ്ങളുടെ ബീജം സംസ്കാരം മനസ്സിനെ നിശ്ചലമാക്കി കളയുന്നു പറഞ്ഞുണ്ടോ ധ്യാനിക്കണമെങ്കിൽ മനസ്സ് സൂക്ഷ്മമായാലേ പറ്റും ആത്മാഭിമുഖമായാലേ പറ്റൂ അവിടെ കൃത്രിമമായ യത്നം മനസ്സിനെ തടത്തും പക്ഷെ സഹജമായ ഒരു യത്നം അതവിടെ ആവശ്യമാണ് സഹജമായ യത്നം എന്നു പറയുന്നത് സമുദ്രത്തിൽ നിന്നും ഒരു തരംഗം ഉയർന്നു കഴിഞ്ഞാൽ തിരിച്ചത് സമുദ്രത്തിലേക്ക് പതിക്കുന്നതിനുള്ള യത്നം അതിന് നമുക്ക് സഹജമെന്ന് പറയാം അതിന് ഉയർന്നു വരുന്നതിന് പ്രേരിപ്പിച്ചെന്താണ് വായു മായ വായുവാണ് അതിനെ ഉയർത്തിയത് പക്ഷെ അത് തിരിച്ചു പോകുന്നതിന് ഒരു പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട് അത് ഉയർന്നതുകൊണ്ട് തന്നെ അത് തിരിച്ചു പോകും അത് അനായാസമായ പോക്കാണ് സഹജമായ ഒരു പോക്കാണ് അതുപോലെ മനസ്സ് ഭാവന വരുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ശബ്ദഭാവന ശബ്ദഭാവനയാണ് മനസ്സിന് സമാധിയിലെത്തിക്കുന്നത് അശബ്ദഭാവനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു സച്ചിദാനന്ദ ഭാവന തുരിയ ഭാവന അല്ലെങ്കിൽ അഹംഭാവന ഇത്തരം ഭാവനകൾ മനസ്സിൽ വരുമ്പോ മനസ്സ് മറ്റൊന്നിന്റെ ആവശ്യമില്ല മനസ്സ് അനായാസമായി തന്നെ അത് എങ്ങനെയാണോ തരംഗങ്ങൾ ജലത്തിലേക്ക് പതിക്കുന്ന സമുദ്രത്തിലേക്ക് പതിക്കുന്ന അതുപോലെ ഈ മനസ്സ് തുരിയലേക്ക് ഭവിക്കണം ഏകീകരണം സംഭവിക്കണം അതിനൊരു പ്രേന്നും ആവശ്യമില്ല പക്ഷേ അവിടെ ഒരു മനസ്സിനൊരു പരിണാമം സംഭവിക്കുന്നു മനസ്സ് മുൻപരുന്ന ഭാവത്തിലൊക്കെയല്ല മനസ്സ് ബഹിർമുഖമായാണ് മുൻപരുന്നത് തരംഗമായും തിരകളായും ഇരിക്കുമ്പോൾ മനസ്സോടെ ബഹിർമുഖമായിരിക്കുകയാണ് അവിടെ വലിയ പ്രയത്നം ആവശ്യമുണ്ട് വായുവിന്റെ ശക്തിക്കനുസരിച്ചാണ് തരംഗത്തിന്റെ ശക്തി തിരയുടെ ശക്തി അപ്പോൾ അവിടെ മായയാണ് നിർണ്ണയിക്കുന്നത് എത്രമാത്രം ബഹുർമുഖമാകണം അത് എന്തെല്ലാം വിഷയങ്ങളെ സൃഷ്ടിക്കണം ആ മനസ്സിന്റെ പ്രപഞ്ചം എത്ര വലുതായിരിക്കണം ഇതെല്ലാം തീരുമാനിക്കുന്ന മായ പക്ഷേ മനസ്സിൽ ആത്മഭാവന വരുമ്പോൾ അവിടെ അത് സ്വയം തന്നെ എങ്ങനെയാണോ ആ സ്ഥിരസമുദ്രത്തിലേക്ക് അമരുന്നത് അതുപോലെ മനസ്സ് തന്നിലേക്ക് തന്നെ അമർന്നു അത് ഭാവനയുടെ ദൃഢതയനുസരിച്ചിരിക്കും സ്ത്രീയ ഭാവനയുടെ അല്ലെങ്കിൽ സച്ചിദാനന്ദ ഭാവനയുടെ ദൃഢതയനുസരിച്ചത് അനാസായസമായി സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് തടഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് ഒരു തിര ഉയർന്നു അത് തിരിച്ച് സമുദ്രത്തിലേക്ക് പതിക്കാതെ നമ്മൾ അതിനെ നമ്മളെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു കഴിഞ്ഞു ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ട് നീക്കും തിരയായോ അത് ൾ കോടുക്കുന്ന പാത്രത്തിലിരിക്കും അതുപോലെ ഇതിൻ്റെ ഈ തിരിച്ചുള്ള പോക്കും മനസ്സിന്റെ അതിന് രാഗദ്വേഷ ബീജങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എങ്ങുമില്ലാത്ത ഒരവസ്ഥിരിക്കും ഏതുപോലെ ഇരിക്കും നമ്മൾ ഉന്മേഷത്തോടുകൂടി ദൈനംദിന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നു അങ്ങനെ കർമ്മരംഗത്ത് പ്രവർത്തിച്ചു പെട്ടെന്ന് മനസ്സ് ആ ഉന്മേഷത്തെ കൈവിടുന്നു നമുക്ക് സാധാരണ അനുഭവങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയും എന്താണ് ഒരു മൂടില്ല മനസ്സിന് പ്രവർത്തിക്കാൻ ഒരു ഉത്സാഹം തോന്നുന്നില്ല മനസ്സിനൊരു വിഷണ്ണത അതിന് ഹേതു പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോൾ മനസ്സിന്റെ ഔർജസ്വലതയെ നഷ്ടപ്പെടുത്തി മനസ്സിനൊരു മന്ദത അത് നമ്മുടെ വ്യവഹാര രംഗത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതിന് നമ്മൾ എന്ത് പറയും ബുദ്ധി ഇവിടെ ഒരു മാന്ദ്യം എന്ന് വേണമെങ്കിൽ പറയാം ഉന്മേഷമില്ലാത്ത അവസ്ഥ അത് ഏത് സമയം മനസ്സിലേക്ക് കടന്നുവരാം പിന്നീട് അതിന്റെ വിടിയിൽ നിന്ന് മനുഷ്യൻ മോചിതനാകണം ഇത് വളരെ ദീർഘകാലം നിലനിൽക്കുന്നതിനാണ് വിഷാദമെന്നും മറ്റും പറയും ഒന്നിനും താല്പര്യമില്ലാതെ മനസ്സ് കേവലം അന്തർമുഖതയെ മാത്രം ആഗ്രഹിക്കുക എന്നാൽ അന്തർമുഖത കൊണ്ട് മനസ്സിന് കിട്ടേണ്ട ഗുണങ്ങളൊന്നും അതിന് കിട്ടാതിരിക്കുക അങ്ങനെ നമ്മൾ ദീർഘവിഷാദമെന്ന് പറയും എല്ലാ മനുഷ്യർക്കും വിഷാദമുണ്ടാകാറുണ്ട് അത് അല്പസമയത്തേക്ക് ഒരു ഉന്മേഷമില്ലായാലും ഇതുപോലെ ഒരു അവസ്ഥ ധ്യാനിക്കുന്ന സമയത്തും വന്നുചേരും ധ്യാനിക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ തന്നെ വന്നുചേരും മനസ്സിന് ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുക ബഹുർമുഖമായി ഈ പ്രപഞ്ചത്തെ കാണാനോ പ്രപഞ്ചത്തിന്റെ ഗുണദോഷങ്ങൾ അനുഭവിക്കാനോ സുഖവും ദുഃഖവും അനുഭവിക്കാനോ മനസ്സിന് കഴിയാതിരിക്കുക അന്തർമുഖമായി ആത്മശാന്തിയിൽ മനസ്സ് എത്തിച്ചേരാതിരിക്കും രണ്ടിന്റെ ഇടയിലുള്ള ഒരവസ്ഥ അതിവിടെ കഷായം എന്ന് പറഞ്ഞു മനസ്സിന്റെ ഉന്മേഷമില്ലായ്മ മനസ്സിന്റെ മന്ദത ഇതും ധ്യാനത്തിൽ സംഭവിക്കാം സുഷുതിയല്ല സുഷുലെന്ത് ചെയ്യുന്നു മനസ്സ് വിലയിച്ചു കഷായത്തിൽ മനസ്സ് വിലയിക്കുന്നില്ല മനസ്സ് പ്രവർത്തനരഹിതമായി പോകും മനസ്സങ്ങനെ മനസ്സ് മന്ദമായി പ്രവർത്തിക്കുന്നുവെന്ന് വേണമെങ്കിലും പറയാം അവിടെ നിന്നും രക്ഷപ്പെട്ടു ആ ഒരു അവസ്ഥയിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്ത് മനസ്സിനെ ശബ്ദഭാവനയിലൂടെ സ്വസ്വരൂപത്തിലേക്ക് ഏകീകരിക്കും അതിന് ഒന്ന് മുഖ്യമായും വേണ്ടത് ഈ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം അതിനിവിടെ അദ്വൈത തത്വചിന്തയിൽ ജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം കൊണ്ട് മോശം ഉണ്ടാകും എന്ന് പറയുന്ന അതാണ് ആത്മബോധമെന്ന് പറയുന്നു അതുതന്നെയാണ് ഈ കഷായത്തെ മനസ്സിന്റെ ഈ കഷായാവസ്ഥയെ ഈ ദോഷത്തെ ജ്ഞാനം കൊണ്ട് വേണം പരിഹരിക്കാൻ എങ്ങനെ നല്ലവണ്ണം അങ്ങനെ ജ്വലിക്കുമ്പോൾ പുക നഷ്ടപ്പെടുന്നത് പോലെ അഗ്നിയെ നമ്മൾ ജ്വലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുക പ്രത്യക്ഷമാകുമെന്ന് പറയാണ് ഈ കഷായം മനസ്സിൽ വരുന്നത് ധ്യാനാഗ്നിയെ ഒരാൾ ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കഷായ പുക അവിടെ വരും വന്നിട്ടൊരു അവ്യക്തതയെ സൃഷ്ടിക്കും പക്ഷേ അവിടെ വരുന്നു ഈ ജ്ഞാനപ്രകാശനുണ്ട് ഭാവന എന്ന് പറയുന്ന എന്താണത് ജ്ഞാനം തന്നെ ആത്മഭാവന എന്ന് പറയുന്ന ആത്മജ്ഞാനം തന്നെ അതാണ് നൂപ് പറഞ്ഞെന്താണ് അതിന്റെ ദൃഢത ഈ ദൃഢതയെന്ന് പറയുന്നത് എന്താണ് അതിന്റെ വ്യക്തതയാണ് ഇവിടെ ദൃഢത എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ വ്യക്തതയിൽ എന്തുവരുന്ന ഈ മാറുന്നു ഉറക്കവും നമ്മൾ ഉറങ്ങി സാധാരണക്കരി ജാഗ്രത ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാറുണ്ട് ഏ സമയം അത് ശസങ്ങൾ ശ്രമിക്കുമ്പോഴാകാം മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാകാം അറിയാതെ തന്നെ മനസ്സ് ഉറക്കത്തിലേക്ക് പോകും എന്തിന് മനസ്സിന് വിശ്രമം ആവശ്യവും ആ പ്രവൃത്തി മനസ്സിന് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സ് സ്വയം വിശ്രമത്തെ കണ്ടെത്തുന്നതാണ് ആ ഉറക്കം പക്ഷെ നമുക്കറിയാം നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ആ മനസ്സിനൊരു ഞെട്ടലുണ്ടായ ആ ഉറക്കം അപ്രത്യക്ഷോ ഏതെങ്കിലും എന്തായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കും ഒന്നുകിൽ ഒരു തമാശ കേൾക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയണം പരദൂഷണം പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഉടൻ മനസ്സിന് ഒരു ഞെട്ടലാണ് കൊള്ളാമല്ലോ നല്ല കാര്യം കേട്ടല്ലോ മനസ്സിന് സന്തോഷമായി മനസ്സൊന്ന് ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല പിന്നെ മുഴുവൻ മനസ്സുണർവി തന്നെ നില അപ്പോൾ ഴിഞ്ഞാൽ ജാഗ്രത മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഉണർവ് കൈവന്നു കഴിഞ്ഞാൽ അത് ലൗകികമായ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ഇത്തരം കാര്യങ്ങളിലൂടെ തമാശയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ലൌകികമായ വിഷയങ്ങളിലൂടെ മനസ്സിനെ ഉണർത്തുക ലൗകിക മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഉണർന്നു കഴിഞ്ഞ് ഉറക്കത്തെ അതിജീവിക്കുക ഉറക്കത്തെ അതിജീവിച്ചാൽ തന്നെ ഇന്ദ്രിയങ്ങൾ കുറച്ചുകൂടി വിഷയത്തെ ഗ്രഹിക്കുന്നതിന് സജ്ജമാകും പറയുന്ന കൈദ്യം കേൾക്കും ചുറ്റുപാടുകളെ കുറിച്ചുള്ള ബോധമുണ്ടാകും ഇതുപോലെ ഒരു ഉണർവ് ധ്യാനത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ ധ്യാനത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശബ്ദഭാവനയിലൂടെ മനസ്സ് ആത്മാഭിമുഖമായി ആ മനസ്സ് കുറച്ച് ഉയർന്ന നിലയെ പ്രാപിച്ചു പ്രാപിക്കുമ്പോൾ ഈ മനസ്സിന് ഇങ്ങനെ ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട് ആത്മബോധം കൊണ്ടുള്ള ഉണർവാണ് ആ ഉണർവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് സുഷുപ്തിയിലേക്ക് പോകുന്നില്ല അപ്പൊ ധ്യാനത്തിൽ മനസ്സ് ഈ പറയുന്ന മനസിന്റെ മാന്ദ്യത്തിൽ നിന്നും മനസ്സിന്റെ ഉറക്കത്തിൽ നിന്നും മുക്തമാകും അങ്ങനെ മുക്തമാകുന്ന മനസ്സ് ഇത് രണ്ടും സംഭവിക്കുന്ന എങ്ങനെ ഈ ഭാവനയുടെ ദൃഢതയിലൂടെ ജ്ഞാനത്തിന്റെ വ്യക്തതയിലൂടെ ആ ജ്ഞാനത്തിന്റെ വ്യക്തത മനസ്സിനെ ഒന്ന് ഉണർത്തുകയാണ് ഉണർവിൽ നിന്നുള്ളവരുണർവ് ധ്യാനിക്കുന്നയാൾ ഉറക്കത്തിലല്ല ഉണർലിൽ തന്നെയാണ് ജാഗ്രതയുടെ ധ്യാന സാധ്യമാകും അത് മറ്റൊരവസ്ഥയിൽ ധ്യാന സാധ്യമല്ല ജാഗ്രതയിൽ മാത്രമേ അത് ഫലപ്രദമാകത്തുള്ളൂ ആ ജാഗ്രതയിലുള്ള ആ ധ്യാനത്തിൽ മനസ്സ് ഉണർന്നു കുറച്ചുകൂടി വ്യക്തതയുള്ളവരെ ജാഗ്രതത്തിലേക്ക് പ്രവേശിക്കുക അതിനെയാണ് ഇവിടെ സമാധി എന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്നത് സാങ്കേതിക ഭാഷ പറയുന്നത് ഉണർവിലുള്ള ഉണർവ് അതിന് അദ്വൈതികൾ പറയും പരാജാഗ്രത് എന്ന് പറയും ജാഗ്രത്തിനപ്പുറമുള്ള ഒരു ജാഗ്രത അവിടെ പിന്നെ ഉറക്കത്തിനും കഷായത്തിനും ഒന്നും സ്ഥാനമില്ല ആ ജാഗ്രത എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വ്യക്തതയിൽ സംഭവിക്കുന്ന ഒരു ജാഗ്രത ആ ജാഗ്രത്തിൽ വളർന്നിരിക്കുന്ന മനൽ എന്തു വരുന്നു അവിടെ മനസ്സ് ഏകീഭവിച്ചിരിക്കുന്നു ആ ചിത്തതരംഗങ്ങൾ നിസ്തരംഗ സമുദ്രമായിരിക്കുന്ന തുരിയനോട് ഏകീഭവിച്ചിരിക്കുന്നു ഏകീഭവനോടെ സംഭവിക്കുന്നു അവിടെത്തന്നെ പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട് അവിടെ എത്തുന്നതുവരെ പ്രയത്നം ആവശ്യമാണ് അതിൽ വരുന്ന പുരോഗതിയും അതിൽ വരുന്ന തടസ്സങ്ങൾ രണ്ടുമാണ് ഇവിടെ പറയുന്നത് ഈ നാപ്പത്തി അഞ്ചാമത്തെ കാര്യയിൽ പറയുന്നതാണ് കഴിഞ്ഞ കാര്യയിൽ പറഞ്ഞത് അതിൽ വരുന്ന തടസ്സങ്ങളെയാണ് മുഖ്യമായി പറയുന്നത് ഇവിടെ പറയുന്നതിന്റെ പുരോഗതിയിൽ എന്താ സംഭവിക്കുന്നു എന്ന് പറയുന്നു എന്താണോ സമാധിസ്ഥോ യുഖം മനസ്സ് ഈ ഉണർവിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ അത് സമാധിയായി ഈ ഉണ്ണിരുന്നു കൊണ്ട് മനസ്സിനെ ഉണർത്താൻ ശ്രമിക്കുന്ന ആ ശ്രമം ധ്യാനമായി അത് നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രയത്നിക്കുന്നു മനസ്സ് ധ്യാനത്തിന്റെ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പ്രയത്നം സഹജമാകും അതിന്റെ അവസാനത്തിൽ മനസ്സൊന്ന് ഉണരുന്നു അത് സമാധിയായി അവിടെ എന്ത് സംഭവിക്കുന്നു സമാധിസത യോഗിന അങ്ങനെ സമാധി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യോഗിയുടെ മനസ്സ് ഉണരുന്ന മനസ്സ് ഈ ഉണർവിൽ നിന്നും പരാജാഗ്രത്തിലേക്ക് ഉണരുന്ന മനസ്സ് ഇതൊരു മാർഗത്തെക്കുറിച്ച് പറയുകയാണ് പറഞ്ഞതല്ല ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കി അങ്ങനെയുള്ള ആ മനസ്സിന് ജായതേ അവിടെ ഉണ്ടാകുന്ന സുഖം കാരണം അവിടെ സുഖമുണ്ടാകുന്നു എന്തുകൊണ്ട് പറയുന്നു ഇവൻ ഭാവന ചെയ്യുന്ന സുഖത്തെയാണ് ഭാവന ചെയ്യുന്ന സുഖം വാസ്തവത്തിൽ ആ ഭാവനയിലൂടെ അവൻ സുഖത്തിൽ എത്തിച്ചേരുകയല്ല അവൻ സുഖത്തെ ഭാവന ചെയ്യുമ്പോ ഉള്ളിൽ സഹജമായിരിക്കുന്ന സുഖം അവിടെ ആവിർഭവിക്കുകയാണ് ആവിർഭവനത്തിൽ ഭാവന അവിടെ മാറിയിക്കുകയാണ് പിന്നെ ഭാവനയ്ക്കൊന്നും ചെയ്യാൻ കഴിയും സുഖം അവിടെ പ്രകാശിക്കും അതങ്ങനെ ഒരു സുഖം സംഭവിക്കുമോ അതിനുള്ള സാധ്യത എന്താണെന്നൊക്കെ ചോദിക്കും കാരണം സുഖത്തെ ഭാവന ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പരിണാമം എന്നുള്ളതിലേക്ക് സുഖം സംഭവിക്കുന്നു ലൗകികമായ കാര്യങ്ങളും അതുതന്നെ നമ്മൾ സുഖത്തെ അന്വേഷിക്കുന്നു സുഖത്തിന്റെ ഉപായങ്ങളെ തേടുന്നു സുഖത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു ഒടുവിൽ സുഖം കൈവരുന്നു ലൗകിക കാര്യങ്ങളിലും അതാണ് നമ്മൾ കാണുന്നത് അവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത് സുഖഭാവനയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇന്ന വിഷയത്തെ അനുഭവിച്ചാൽ അത് സുഖമായിരിക്കും ഇന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് സുഖമായിരിക്കും ഇന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിരിക്കും അവിടെയൊക്കെ എന്താണ് സുഖത്തെക്കുറിച്ചുള്ള ഭാവനയാണ് സുഖത്തിലെത്തിക്കുന്നത് അനുഭവത്തിൽ അങ്ങനെയാണ് അതിന് പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുന്നു ആ സുഖത്തെ ആർജിക്കാൻ കഴിയുന്നു നമ്മൾ പറയും ലൗകികമായ സുഖം അവിടെ യുദ്ധിച്ചത് സുഖഭാവനയാണല്ലോ അപ്പത് യുക്തിക്കോ നമ്മുടെ അനുഭവത്തിനോ വിരുദ്ധമായൊരു കാര്യമുണ്ടോ സുഖഭാവന അസുഖത്തിലെത്തിക്കും അതെങ്ങനെ എത്തിക്കുന്നു ആ സുഖം ആത്യന്തികമായ സുഖമാണോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണം പക്ഷെ സുഖഭാവന സുഖത്തിനെത്തിക്കും എന്ന് പറയുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആത്മധ്യാനം അതും സുഖഭാവനയാണ് ആനന്ദത്തെയാണ് ഭാവന ചെയ്യുന്നത് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്നല്ല ശബ്ദം മാറുന്നു എന്നേ ഉള്ളൂ അർത്ഥത്തിന് മാറ്റമില്ല മൂന്ന് ശബ്ദങ്ങളിലൂടെയും ഒരർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്ത് ചിത്ത് തന്നെ ചിത്ത് തന്നെ അവിടെ എന്താണ് സുഖത്തെയാണ് ഭാവനയും അപ്പൊ ലൗകികമായ കാര്യങ്ങളിൽ ഒരു തത്വവും മനസ്സിലാക്കാതെ ഒരു ആധ്യാത്മിക ബോധവുമില്ലാതെ ലൗകികമായ കാര്യങ്ങളിൽ അജ്ഞനായ മനുഷ്യൻ സുഖഭാവനയിലൂടെ സുഖത്തിനെത്തിച്ചേരുമെങ്കിൽ എന്തുകൊണ്ട് ആത്മഭാവനയിലൂടെ ഒരാൾ സുഖത്തിനെത്തിച്ചേർന്നുകൂടാ ആത്മഭാവനയിലൂടെയും സുഖത്തിൽ തന്നെ എത്തിച്ചേരും സുഖത്തിൽ തന്നെ എത്തിച്ചേരും അതിനു യുക്തി കൊണ്ട് എന്താണ് മനസ് ഏതെങ്കിലും ഒരു വിഷയത്തെ ഏകാഗ്രമായി ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സുഖം അനുഭവപ്പെടുന്നത് ആ വിഷയത്തിനോട് ഏകാഗ്രപ്പെടുക എന്ന് വെച്ചാൽ ആ വിഷയത്തോട് മനസ്സ് എത്രമാത്രം താതാന്മ്യപ്പെടുന്നു അതിനനുസരിച്ച് നമുക്ക് അസുഖം കൂടുതൽ വ്യക്തമായും പ്രകടമായും അനുഭവപ്പെടുന്നു പൽപായസം തന്നെ മനസ്സാന്നിധ്യമില്ലാതെ മനസ്സതിനോട് തതാങ്ങിപ്പെടാതെ അതനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം തോന്നത്തില്ല അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അറിയണമെന്നാണ് അതിൽ പൽപായസം പാറ്റ വീണതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഛർദിക്കും അതിൽ വിഷം കലടന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഭയക്കും അവിടെ സുഖാനുഭവുണ്ടാകത്തില്ല അപ്പോ ഏതൊരു വിഷയ അനുഭവത്തിനും ഭാവനയിലൂടെ ആ വിഷയത്തോട് തതാമ്യപ്പെട്ടാല് ആ വിഷയം അനുകൂലമാണെങ്കിലും അതിൽ നിന്ന് സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്രതികൂലമായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല അതിൽ നിന്ന് നമുക്ക് സുഖം കിട്ടത്തില്ല അപ്പൊ ഭാവനയിലൂടെ വിഷയത്തോട് മനസ്സ് തതാമ്യപ്പെടും ഭാവന അതിന് മുഖ്യമായൊരു കാര്യമാണ് ഭാവന ശരിയല്ലെങ്കിൽ എത്ര അനുകൂലമായ വിഷയമാണെങ്കിലും അതിൽ സുഖം നമുക്ക് പൽപായസം അനുകൂലമായ വിഷയമാണ് പക്ഷെ ഭാവന തെറ്റിപ്പോയി അത് അശുദ്ധമാണെന്നുള്ള ഭാവന വന്നു അപകടമാണെന്നുള്ള ഭാവന വന്നു ഉടൻ അതിനുള്ള പൂർണ്ണസുഖവും നമുക്ക് നഷ്ടപ്പെട്ടു അതാണ് ലൗകികമായ വിഷയങ്ങളുടെ സ്ഥിതിയെങ്കിലും ആത്മഭാവനയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അതിൽ താതാന്മ്യപ്പെടുമ്പോൾ അവിടെ സുഖത്തെ മാത്രമേ ധ്യാനിക്കുന്നുള്ളൂ സുഖം മാത്രമേ അവിടെ വിഷയമായിരിക്കുന്നുള്ളൂ മനസ്സ് തീർച്ചയായും നമ്മുടെ സുഖം പ്രകടമാകും ആ സുഖത്തെയാണ് നമ്മൾ പറയുന്നത് ആത്മശാന്തി ശാന്തിയുടെ അനന്തരം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പശാന്തി എന്ന് പറയുന്നു സുഖമെന്ന് പറയുന്നതും രണ്ടെള്ള ഒന്ന് ആ ശാന്തി അവിടെ അനുഭവപ്പെടുന്നു മനസ്സിൽ അത്ര ശാന്തി വന്നുകഴിഞ്ഞാൽ അത് ഒന്നാം മനസ്സ് ആ ശാന്തിയെ സമീപിക്കും മനസ്സാ ശാന്തിയെ സമീപിക്കുമ്പോൾ മനസ്സ് ആനന്ദമായിത്തീരും അതോടൊപ്പം ആ ശാന്തിയുടെ ഉട്രോപടത്തിൽ നിന്ന് ആ ശാന്തി പ്രകടമായി വരും പ്രകടമായി വരുമ്പോൾ മനസ്സിനെ അതിനെ അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ശാന്തി അത് മനസ്സിലേക്ക് പകരുന്നു ഇത് ക്രമമായി സംഭവിക്കുന്ന കാര്യമാണ് ലൗഹികമായ കാര്യങ്ങളങ്ങനെയാ ലൗഹികമായ കാര്യങ്ങളിൽ വിഷയങ്ങളിൽ മനസ്സ് സുഖത്തെ കണ്ടെത്തുകയാണ് ആ വിഷയങ്ങളിലേക്ക് മനസ്സ് ആഴ്ന്നു അത് മനസ്സ് അവിടെ നിന്ന് സുഖത്തെ കണ്ടെത്തുകയാണ് സുഖത്തിന്റെ ഉറവിടം സ്വസ്വരൂപമാണെങ്കിലും വിഷയങ്ങളുടെ പിറകെ പോയതുകൊണ്ട് സ്വസ്വരൂപത്തിന്റേതായ ആ അസുഖത്തെ മനസ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നു അത് വിഷയത്തിന്റേതായി മനസ്സതിനെ തിരിച്ചറിയുന്നു വിഷയത്തിൽ നിന്ന് തന്നിലേക്ക് അസുഖം കടന്നു വരുന്നതായി മനസ്സ് ധരിക്കുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്വസ്വരൂപത്തിലേക്കാണ് മനസ്സ് തിരിച്ച് സഞ്ചരിക്കുന്നത് ബഹുർമുഖമായല്ലോ സഞ്ചരിക്കുന്നു അപ്പൊ അവിടെ നിന്ന് സുഖം മനസ്സിലേക്ക് വരുന്നു വാസ്തവത്തിൽ മനസ്സ് സുഖത്തിൽ എത്തിച്ചേരുകയല്ല സുഖം മനസ്സിലേക്ക് വരികയാണ് അതിലേക്ക് കടന്നു വരുന്നു മനസ്സ് എങ്ങനെയാണോ ഈർപ്പമില്ലാത്തൊരു വസ്തുവം ഒരു തുണിയായിക്കൊള്ളട്ടെ നമ്മൾ ജലത്തിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ജലം അതിലേക്ക് പ്രസരിക്കുകയാണ് അതിനെ ഈർപ്പമയമാക്കുന്നു അതുപോലെ സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദം മനസ്സിനെ ആനന്ദമയമാക്കിത്തീർക്കും അതാണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത് ഇത്തരം ഒരു അനുഭവം മനസ്സിന് പരിചയമുള്ളതല്ല എങ്ങനെ വിഷയരഹിതമായൊരനുഭവം വിഷയത്തോട് ചേർന്നുള്ള ആനന്ദ അനുഭവമാണ് മനസ്സിൽ വരെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സിന്റെ സ്വഭാവം എന്താണ് എവിടെ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടായാലും അതിൽ പിടിച്ചു തൂങ്ങാൻ വിഷയങ്ങളെ പൽപായുസത്തെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അതിൽ തന്നെ മുഴുകാൻ ശ്രമിക്കും പക്ഷെ ആ വിഷയത്തിന് തന്നിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്ന ശേഷി വളരെ പരിമിതമാണ് കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യും ആ വിഷയത്തിന് മനസ്സിന് ആനന്ദം പകരാനുള്ള ശക്തി ഇല്ലാതായിത്തീരും അപ്പോൾ നമ്മൾ പറയും മനസ്സ് മടുത്തുപോയി മനസ്സെവിടെ നിന്ന് പിന്മാറും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആനന്ദത്തിന്റെ ഉറവിടത്തിലാണ് ശാന്തിയുടെ ഉറവിടത്തിലാണ് മനസ്സെത്തിച്ചേരുന്നത് എത്തിച്ചേരുമ്പോ മനസ്സിന് പിന്നീട് പോകാനൊരു വിഷയമില്ല ബാഹ്യമായി അങ്ങനെയല്ല പൽപ്പായസം മടുത്തു കഴിഞ്ഞാൽ വേറൊരു പായസത്തിലേക്ക് മനസ്സ് പോകും അവിടെ നാനാ വിഷയങ്ങളുണ്ട് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ മനസ്സിന് വേറെന്നി പോകാം ഒന്നിന് സുഖം അതിന് പോരായെന്നു സുഖത്തെ കണ്ടെത്താം ഇവിടെ അങ്ങനെയല്ല മറ്റൊരു വിഷയമില്ല സച്ചിദാനന്ദം മാത്രമേയുള്ളൂ മനസ്സ് ആ സുഖത്തെ ആസ്വദിക്കാൻ ശ്രമിക്കും ആ സുഖത്തെ തന്നെ മനസ്സ് മുഴുകാൻ ശ്രമിക്കും മുഴുകാൻ ശ്രമിച്ചാൽ തന്നെ മനസ്സിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എവറസിന്റെ മുകളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആള് വഴിയിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള സൗന്ദര്യത്തേക്ക് ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുകളിലെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും അതുപോലെ ഇവിടെ മനസ്സിന് സ്വയം തന്നെ ഇല്ലാതാകണം മനസ്സിന് എന്തിനെങ്കിലും അനുഭവിച്ചു നിന്നാ പോരാ മനസ്സ് തന്നെ മായണം മനസ് മായുന്നതാണിതിന്റെ ആത്യന്തികമായ നില പക്ഷെ ഇവിടെ അങ്ങനെയല്ല മനസ്സ് എവിടെയാണോ അതിന് ഈ സ്വസ്വരൂപമായ ആനന്ദത്തിന്റെ ചെറിയൊരു ദർശനം ഉണ്ടാകുന്നത് മനസ് അവിടെ നിന്നിട്ട് ആ ആനന്ദത്തെ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കും അങ്ങനെ അനുഭവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള പോക്ക് സാധ്യമല്ലായിത്തും ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് കഴിക്കാതെ അതിന് നുണഞ്ഞു നുണഞ്ഞ് അതിൻ്റെ മാധുരി അനുഭവിക്കാൻ ശ്രമിക്കുന്നതുപോലെ മനസ്സ് അതിനാദ്യമായി കിട്ടി വിഷയസമ്പർക്കമില്ലാതെ കിട്ടിയ ഈ ശാന്തിയെ ആസ്വദിച്ച് അവിടെ നിൽക്കാൻ ശ്രമിക്കും അപ്പം മനസ്സ് നീക്കി ആനന്ദം നീക്കി ആനന്ദാനുഭവം നീക്കും ഇതും ഒരു തടസ്സമാണ് ഈ സുഖം ജായതേ അവിടെ സുഖം ഉണ്ടാകുന്നു തത്രയേ തന്നാസ്വാദയേ അതാസ്വദിക്കരുത് സുഖാനുഭവത്തിൽ മായ ശാന്തിയുടെ അനുഭവത്തിൽ മനസ്സിനെ നിർത്തരുത് ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനോടല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആത്മധ്യാനത്തിലൂടെ ഈ മായയുടെ പ്രവർത്തനങ്ങളെല്ലാം അതിജീവിച്ച് കഷായം നിദ്ര തുടങ്ങിയ ദോഷങ്ങളെല്ലാം അതിജീവിച്ച് രാഗദ്വേഷങ്ങളുടെ പ്രേരണ കൊണ്ട് മനസ്സ് ബെഹർമുഖമാകാത്തത് മനസ്സ് ആ തുരിയലിലേക്ക് തന്നെ അമർന്ന് മനസ്സിന്റെ ആ വിഷയസ്പർശം അതില്ലാതായി ആത്മശാന്തിയെ മനസ്സ് അനുഭവിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു മനസ്സിനാണ് വളരെ ഉത്തമനായ ഒരു സാധകനെ എന്റെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ് ആ ഒരു അവസ്ഥയിൽ തത്രന് രജിയേത്ത ആ സുഖാനുഭവത്തിൽ മനസ്സിനെ നിരത്തരുത് എന്നാചാര്യം പറയുമ്പോൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആത്മധ്യാനത്തെ ശീലിച്ച് അവരെല്ലാം ഈ പറയുന്ന വിഘ്നങ്ങളെയെല്ലാം തടസ്സം ചെയ്ത് തരണം ചെയ്ത് ഈ തടസ്സങ്ങളെയെല്ലാം മാറ്റി പുരോഗമിച്ച് ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാത്തവരെ സംബന്ധിച്ച് ഇത്തരമൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തി വ്യക്തമായും ആത്മതത്വത്തെ ബോധിച്ചുകൊണ്ട് ആത്മധ്യാനത്തിൽ മുഴുകുന്ന ഒരു മനസ്സിന് മാത്രമേ ഇത്തരം ഒരു ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത് എന്ന് ചേരുന്നത് വളരെ ഉയർന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ് എന്നർത്ഥം കഥം ദർഹി നിസ്സങ്കോ നിസ്കൃഹ പ്രജ്ഞ വിവേകുദ്ധ്യ യഥലഭ്യത സുഖം തദ് പരികൽപിതം വിഷയവേദി വിഭാവിയേ ഇങ്ങനെ ഒരവസ്ഥയിൽ മനസ്സെത്തിച്ചേർന്നാൽ സുഖം മനസ്സനുഭവിക്കുകയും സുഖം മനസ്സിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിസ്സംഗനായി തീരണം എന്നർത്ഥം എന്നുവെച്ചാൽ ഇതേ മനസ്സ് തന്നെ ആ സുഖാനുഭവത്തിൽ നിൽക്കാതെ വീണ്ടും ആ ഏകീഭവനത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ അവഗണിക്കുക അതാണ് നിസ്സംഗനായി നിസ്പൃഹനായി അതിന് താൽപ്പര്യമുണ്ടാതിരിക്കുക എന്നറിയും അതായത് ഒരാൾ ധ്യാനത്തിലൂടെ ആത്മശാന്തി അനുഭവിക്കുമ്പോൾ ആ ധ്യാനിക്കുന്ന വേളയിലാണ് പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതിലധിക സമയം ഒരാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അയാൾ വേറൊഖനായി സാധാരണ ദൈനംദിന വ്യവഹാരങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ അയാളുടെ മനസ്സ് വീണ്ടും പഴയ ആനന്ദാനുഭവത്തെ സ്മരിക്കും മുമ്പ് അനുഭവിച്ച ശാന്തി സ്മരിക്കും ആ ശാന്തിക്കുള്ള ആനന്ദത്തിനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും സമാധിയിലേക്ക് പോകാൻ ആഗ്രഹിക്കും സമാധി പരിശീലിക്കണമെന്ന് ഇവിടെ അത് എന്നാണ് പറയുന്നത് ആനന്ദ നിലനിർത്താൻ വേണ്ടി സമാധി ശീലിക്കരുത് ആ ശാന്തിയെ നിലനിർത്താൻ വേണ്ടി സമാധി ശീലിക്കരുത് അവിടെ ആ കാര്യത്തിൽ അയാൾ നിസ്സംഗനായിരിക്കണം നമ്മൾ സാധാരണ ധ്യാനവും ഒക്കെ ആൾക്കാർ പഠിപ്പിക്കുന്നത് ശാന്തി സമാധാനവും വേണ്ടിയിട്ടാണ് സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊതിപ്പിച്ചിട്ടാണ് ധ്യാനം പഠിപ്പിക്കുന്നത് ഇവിടെ പറയുന്നത് അങ്ങനെ പറഞ്ഞല്ല പഠിപ്പിക്കേണ്ടതെന്ന് അതല്ല ഇവിടെ കാരണം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സമാധിയിലിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ മറ്റ് ചിന്തകളൊന്നുമില്ല അവിടെ മനസ്സിനെ വേറൊന്നും പഠിപ്പിക്കാൻ പാടില്ല നിസ്സംഗതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിനോട് പറയേണ്ട കാര്യമാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു മനസ്സ് അന്തർമുഖമായി ആത്മശാന്തി അനുഭവിച്ചു കഴിഞ്ഞാൽ ഉണർന്നിരിക്കുന്ന മനസ്സ് എന്നോട് പറയണം മനസ്സ് തന്നെ പറയണെന്താണ് നീ അനുഭവിച്ച അസുഖത്തിന് വേണ്ടി ആ ശാന്തിക്ക് വേണ്ടിയല്ല നീ പരിശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയുള്ളതല്ല ധ്യാനം സമാധിയുടെ അവസാനം അതല്ല അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിലെത്തിയാൽ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോകണമെന്ന് ഉണർന്നിരിക്കുന്ന മനസ്സിനെ ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഈ ആത്മശാന്തി ഇതല്ല പരമമായ ആത്മശാന്തി ഇതല്ല ആത്മലാഭം എന്ന് പറയുന്നത് അത് ഇതിനും അപ്പുറമാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം ഇത് വിഷയസുഖത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു സുഖം ലൗകികമായ മനഃശാന്തിയെക്കാളും ശ്രേഷ്ഠമായ ഒരു മനഃശാന്തി അത്രയു ഇവിടെ അടുത്ത് പറയും എന്താണോ അവസാനം പറയും കൈവല്യപദം മോക്ഷപദം എന്ന് പറയുന്നിടത്ത് മനസ്സെത്തിയിട്ടില്ല മനസ്സ് മനസ്സല്ലാതായി തീർന്നിട്ടില്ല ഇവിടെ ധ്യാനിക്കുന്നവനും ധ്യാനത്തിന്റെ സുഖവും ധ്യാനവും നിലനിൽക്കുന്നു ഇതുപോല എന്ന് ധ്യാനത്തെ സ്മരിക്കുന്ന മനസ്സിനെ ബോധിപ്പിക്കുന്നു ആ നിസ്സംഗതയും മറ്റും അല്ലാതെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് സുഖത്തിലെത്തിച്ചേരുന്നു അവിടെ തന്നെ മനസ്സിനെ പഠിപ്പിക്കുക അങ്ങനെ വന്നാൽ ധ്യാനം നഷ്ടപ്പെട്ടു നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മനസ്സിന് ശിക്ഷണം കൊടുത്താൽ എന്ത് സംഭവിക്കും മനസ്സിന് തന്നെ രണ്ടായി മാറും ഗുരുവും ശിഷ്യനും രണ്ടും മനസ്സാവും മനസ്സിൽ ത്രിപുടി ഭാവങ്ങൾ വരും ദ്വൈതഭാവം വരും സമാധിക്കു ഭംഗം വരും അതുകൊണ്ട് അവിടത്തെ കുറിച്ചുള്ള പറയുന്നത് നിസ്സംഗ നിസ്കൃഹ പ്രജ്ഞയാ വിവേകബുദ്ധിയാ പ്രജ്ഞ കൊണ്ട് വിവേകബുദ്ധി സമാധിയിൽ മറ്റൊരു പ്രജ്ഞ വരാൻ പാടില്ല മറ്റൊരു വിവേകം വരാൻ പാടില്ല സച്ചിദാനന്ദ ഭാവന അല്ലാതെ മറ്റൊരു ഭാവന വന്നു സമാധി നഷ്ടപ്പെട്ടു അവിടെ മനസ്സിനോട് പറയണെന്താണോ ഇത് സുഖമല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന് സമാധി അവിടെ സമാധിക്ക് ഭംഗമാണ് അപ്പൊ സമാധിയിൽ മനസ്സിനും ഒരു ശിക്ഷണവും പക്ഷെ ജാഗ്രതയുണ്ട് മനസ്സിന് ശിക്ഷണം ആർക്ക് ഇവിടെ പറയുന്നത് ഒരു തവണയെങ്കിലും സമാധിയിലേക്ക് കടന്നവൻ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നിട്ട് മനസ്സിനെ ശിക്ഷിക്കുന്നു പ്രജ്ഞയാ വിവേക ബുദ്ധി ജാഗ്രതത്തിൽ അവന്റെ മനസ്സിൽ പ്രജ്ഞ വരുന്നു വിവേകം വരുന്നു താൻ എത്തിച്ചേർന്നത് അവസാനത്തെ തലമല്ല അതും കടന്നുപോകണം അവിടെ താൻ നിന്നതും അനുഭവിച്ചതും ഒന്നും പരമാർത്ഥമല്ല ക്ഷികാരം പറയുന്നു അതും എന്താണ് മൃഷ അതുകൊണ്ടാണ് പല ഭാഗങ്ങളും അത് വിധത്തിൽ പറയുന്നത് സുഖാതീതമാണ് സുഖമല്ല പരമാർത്ഥം ശാന്തിയല്ല പരമാർത്ഥം അതാണ് വിവേകബുദ്ധ്യ യഥലഭ്യത സുഖം അവിദ്യ പരികൽപിതം മൃഷ എത്ര വലിയ സുഖത്തെ നിങ്ങൾ അനുഭവിച്ചാലും ശേഷി ഞാൻ ഈ സുഖത്തെ അനുഭവിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അനുഭവിച്ചതെങ്കിൽ അത് കല്പിതം തന്നെ അതല്ല പരമാർത്ഥം സുഖമല്ല പരമാർത്ഥം സുഖ അനുഭവമല്ല പരമാർത്ഥം സുഖിക്കുന്നവനാണ് പരമാർത്ഥം അവനെത്തിച്ചേരണം മനസ്സ് അവനെത്തിച്ചേർന്നാലോ മനസ്സവനോട് ഏകീഭവിക്കുന്നു പിന്നെ അനുഭവിക്കാനൊരു സുഖമോ അനുഭവിക്കുന്നവനോ അവന്റെ സുഖാനുഭവമോ ഇതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല അതിനിടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും അസംപ്രജ്ഞാതാവസ്ഥ അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നു അതുവരെയുള്ള കാര്യങ്ങളെല്ലാം സമാധി എന്ന് പറയും അതെല്ലാം യോഗത്തിൽ നിന്നും അദ്വൈതികൾ കടമെടുത്തിരിക്കുന്ന ഭാഷകളാണ് വിഭാവയേ എന്ന് വിഭാവന ചെയ്തിട്ട് വീണ്ടും അവൻ സമാധിയിലേക്ക് പോകണം അവൻ വരും അത്തരമൊരു സംസ്കാരത്തോടുകൂടിയാണ് മനസ്സ് പിന്നെ സമാധിയിലേക്ക് പോകുന്നത് വളരെ ഉത്തമവും ശ്രേഷ്ഠവും ഏകാഗ്രവും സൂക്ഷ്മവും ആയ മനസ്സ് ഈ ഒരു സംസ്കാരത്തോടുകൂടി എന്താണ് ആ സംസ്കാരം വിവേകബുദ്ധിയുടെ സംസ്കാരം അവിടെയും നിക്കരുത് എന്നുള്ള ഒരു സംസ്കാരത്തോടുകൂടി വീണ്ടും മനസ്സ് സമാധിയിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സവിടെ നിൽക്കുന്നില്ല കാരണം ആ സംസ്കാരം അതിന് മനസ്സിന് സുഖമാസ്വദിച്ചു നിക്കാം അവിടെയും നിസ്സംഗനായി മനസ്സ് വീണ്ടും ആത്മാഭിമുഖമായി തന്നെ യാത്ര ചെയ്യുന്നു എങ്ങനെയാണോ അല്ല ആ കടലിനോട് ചേർന്ന് അമർന്ന് മുൻപും ജലമായിരുന്നു പിന്നീടും ജലം മാത്രമായിത്തീരുന്നു അതിന്റെ നാമരൂപങ്ങളെ വെടിയുന്നു അതുപോലെ ആ നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞു തഥാകാരമായി തന്നെ സ്ഥിതി ചെയ്യുന്നു തതോപി സുഖരാഗാദ് പറയുന്നു അത് അവിടെ നിന്നും മനസ്സിനുടെ സുഖരാഗമുണ്ട് സുഖരാഗം ലൗകികമായി മനസ്സിനെല്ലാം ഉള്ളതാണ് ഈ സുഖരാഗമാണെന്ന് വെച്ചാൽ സുഖത്തോടുള്ള രാഗം ആ സുഖത്തോടുള്ള രാഗമാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ശരീരം പതിച്ചു പോകും പക്ഷെ ഇവിടെ മനസ്സിന് ആ സുഖരാഗമല്ല ആത്മസുഖത്തിനോട് അതിന് രാഗമാണ് അതും പാടില്ല ആത്മശാന്തിയോടതിന് താൽപ്പര്യമാണ് അതും പാടില്ല എന്തുകൊണ്ട് അതും അനുഭവിക്കുന്ന പരമാർത്ഥമല്ല അതിൽ നിന്നും അതിനെ നിഗ്രഹിക്കണം എന്ന ജാഗ്രത നിഗ്രഹിച്ചിട്ട് ആ മനസ്സിനെ വീണ്ടും ആത്മഭാവനയിലൂടെ തന്നിലേക്ക് തന്നെ വിജയിപ്പിക്കണം ഏകീകവിക്കണം യഥാപുന बहर സുഖരാഗ നിശ്ചലസ്വഭാവം സഹിർ നിർഗതി ചിത്തം നിയമ്യക്തോപായത്മനീവ അങ്ങനെ സുഖരാഗത്ത് നിന്ന് നിവൃത്തമായി ധ്യാനത്തിലെന്താണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാഭിമുഖമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന്റെ ഭാവന അവിടെ ഉണർന്നിരിക്കുകയാണ് സച്ചിദാനന്ദ ഭാവന അല്ലെങ്കിൽ അഹംഭാവന അല്ലെങ്കിൽ പുതിയ ഭാവന അത് ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മനസ്സിന് നമുക്ക് നിശ്ചലമെന്ന് പറയാൻ പറ്റത്തില്ല മനസ്സ് അതിന്റെ സ്വതന്ത്രമായും നിലനിൽപ്പ് അത് അവസാനിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി നാളത്തിലേക്ക് വേറൊരു അഗ്നി നാളത്തെ കൊണ്ടു വരുന്നു കഴിഞ്ഞാൽ ഒരു അഗ്നി നാളം അതിലേക്ക് വേറൊരു ദീപത്തെ നമ്മൾ കൊണ്ടു വരുക അത് ഏകീഭവിക്കുന്നു നമുക്ക് രണ്ട് നാളമൊന്നും പറയാൻ പറ്റത്തില്ല പറയുന്നതിൽ ഒരു അടയാളം ഇല്ലാതെ എത്തിയിരുന്നു അതുപോലെ ഒന്ന് ആത്മപ്രകാശം അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് മനസ്സിന്റെ പ്രകാശം ആത്മഛായയോടുകൂടി ചിച്ഛായയോടുകൂടിയ മനസ്സ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ടു പ്രകാശങ്ങളും ഒന്നായിത്തീരുന്നു ഈ മനസ്സിന്റെ പ്രകാശം ആത്മപ്രകാശത്തിനോട് ഏകീഭവിക്കുക അവിടെ നിശ്ചലത വരുന്നു ആ ഏകീഭവിക്കുന്നതുവരെ ഭാവനാരൂപത്തിൽ ആ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിവൃത്തം നിശ്ചലസ്വഭാവം സ നിശ്ചലസ്വഭാവമായി തീരുന്നു പ്രകാശത്തിനോട് പ്രകാശം കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കലർന്ന പ്രകാശത്തിന് പ്രത്യേകം പ്രകാശിക്കേണ്ട ആവശ്യമില്ല ഒന്നായി കഴിഞ്ഞു അത് നിശ്ചര അങ്ങനെ വരുന്നു ബഹിർനിർഗ്ചൗതിചിത്തം ദുഃ നിയമ്യുക്ത ഉപായേന ആത്മനീവ ഏകീകരിക്കുന്നു മനസ്സ് തന്റെ സ്വരൂപത്തോടെ ഏകീഭവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഏകീഭവിച്ചിരിക്കും പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു അത് സുഖാസ്വാദനത്തിനും അപ്പുറം പോയിന്നിരിക്കട്ടെ അങ്ങനെ പോയിക്കഴിഞ്ഞാലും നിതാന്തസമാധിയിൽ മനസ്സിനിരിക്കാൻ പറ്റട്ടെ വീണ്ടും മനസ്സ് ഈ മായാ വായുവിന്റെ ശക്തി വീണ്ടും അത് ബഹിർമുഖമാകുന്നു വിഷയാഭിമുഖമാകുന്നു ലോകത്തെ കാണുന്നു ൗകികമായ പ്രവർത്തനങ്ങളേർപ്പെടുന്നു അങ്ങനെയുള്ള മനസ്സിന് വീണ്ടും അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം ഇതുവരെ അത് സഹജമായി തീരുന്നതുവരെ അഭ്യാസത്തിലൂടെ എത്തിച്ചേർന്ന സമാധി സഹജമായി തീരുന്നതുവരെ അഭ്യാസം കൂടാതെ തന്നെ സമാധി സഹജമായി നിൽക്കുന്നതുവരെ സിത്തം തഥത്തത് നിയമ്യ ചിത്തം ബാക്കി വിഷയങ്ങളിലേക്കും കൊണ്ടുവന്നിരിക്കുന്ന ആ ചിത്തത്തെ ഓരോ വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ച് വീണ്ടും ഉപായേന ആത്മനിയമീകരിയാ പ്രയത്നദ പ്രയത്നം കൊണ്ട് എന്ന് പറയുന്നു കാരണം പ്രയത്നത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു ധ്യാനത്തിന്റെ ഒടുക്കം അവിടെ പ്രയത്നമില്ലെങ്കിലും അതിന്റെ തുടക്കം പ്രയത്നത്തിലാണ് അതിന്റെ തുടക്കം എന്ന് വരുന്ന എം എൻ നിയമാധികളിലാണ് അതിന്റെ തുടക്കം അവിടെ പ്രയത്നം കൂടിയേ ആ പ്രയത്നത്തിലൂടെ ഉള്ളിലേക്ക് ചെന്ന് ആത്മാഭിമുഖമായി തീരുമ്പോഴാണ് അത് സഹജമായി തീരുന്നത് ആ സഹജാവസ്ഥയിൽ നിന്ന് മനസ്സ് വീണ്ടും വെതിചലിച്ച് ബഹിർമുഖമായി സമാധി കേവലം സ്മരണമാത്രമായി തീരുന്നു അതിന് പ്രത്യേകിച്ചു സഹജ സമാധി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സമാധി അനുഭവ രൂപത്തിൽ തന്നെ അവിടെ സമാധി ഒരു സ്മരണയല്ല ഇവിടെ പറയുന്ന അങ്ങനെയല്ല ഇവിടെ അഭ്യാസത്തിലൂടെ ഒരുവൻ സമാധിയിൽ എത്തിച്ചേർന്നാൽ അടുത്ത നിമിഷം സമാധി കേവലം ഒരു സ്മരണയെ ഞാൻ പറയും ഞാൻ സമാഹിതനായിരുന്നു ഞാൻ സമാധിയെടുക്കുന്നു ഞാൻ നിത്യനിർവൃതിയിലായിരുന്നു ഞാൻ അനന്തമായ ആനന്ദത്തെ അനുഭവിച്ചു ആത്യന്തികമായ ശാന്തി അനുഭവിച്ചു എന്നെല്ലാം പറയുന്നതെന്താണ് സ്മരണയാണ് ഭൂതകാലത്തിൽ പറയുകയാണ് അനുവിധാന ദിശയെന്ന് പറയും ഇത് സംഭവിക്കാൻ പാടില്ല സമാധി ഉത്ഥാനം എന്ന രണ്ടവസ്ഥ പരമാർത്ഥ യോഗിയിൽ സംഭവിക്കുന്നില്ല അത് സംഭവിക്കാതിരിക്കുന്നതുവരെ പ്രയത്നിക്കണം എന്നാണ് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് സഹജമായിത്തീരുന്നു പിന്നെ അവിടെ വരവും മനസ്സ് അങ്ങോട്ട് പോവുക തിരിച്ചു വരുക അതിന്റെ വരവും പോക്കും ഇല്ലാതെ അതാണ് ആത്മസ്വരൂപം അപ്പം മനസ്സ് അതിനോട് പരമാർത്ഥത്തിലേകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് പിന്നെ വരവും പോകും ആ സഹജാവസ്ഥയെ പ്രാപിക്കുന്നത് വരെ എന്താണ് പ്രയത്നിക്കണം മനസ് ബഹുറമുഖമായി വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ തിരിച്ചുകൊണ്ടു വന്നു അഭ്യസിക്കണം സത്താ മാത്രമേ ആപാതര സത്ത മാത്രുന്നതിന് വേണ്ടി ഉള്ള അഭ്യാസം തുറന്നുകൊണ്ടേയിരിക്കണം അതിൽ വരുന്ന തടസ്സങ്ങളെല്ലാം ഒഴിവാക്കണം തടസ്സങ്ങൾ എന്താണ് നിരത്തെ പറഞ്ഞ നിദ്രയും കഷായവും അതിൽ കൈവരുന്ന നേട്ടങ്ങളെയെല്ലാം ഉപേക്ഷിക്കണം നേട്ടം എന്താണ് രസാസ്വാദം ആനന്ദാനുഭവം ഇതെല്ലാം ഇതിനെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ടും വീണ്ടും പ്രയത്നം ആ സമാധി സഹജമായി തീരും അങ്ങനെയുള്ളൊരു സഹജ സമാധിയുടെ ആത്യന്തി നിർദ്ദേശിക്കുന്നു ആ സഹജ സമാധി ഈ പറയുന്ന ഒരു ജീവന് അവന്റെ ഒരു ജന്മത്തിൽ അതും ഓർമ്മയിലിരിക്കും ഈ പറയുന്ന അഭ്യാസങ്ങളിലൂടെയും സാധിക്കാം ഈ പറയുന്ന അഭ്യാസങ്ങളൊന്നും കൂടാതെയും സാധിക്കാം ആ രണ്ടു കാര്യങ്ങളുമാണ് ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തത് സുഖം തത്രപ്രജ്ഞയാശ്ചലം നിശ്ചല ചിത്തം ഏകീകുരയാ